നമ്മുടെ ദാസനായ മുഹമ്മദ് നിബിസല്ലാഹു അലഹി വസ്ല്ലംക്ക് നമ്മൾ അവതരിപ്പിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹുസുബാനഹുവത്താലാക്ക് പുറമേ നിങ്ങളുടെ സാക്ഷികളെയും വിളിച്ചുകൂട്ടുവീൻ